ധ്യായം രണ്ട് പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നദ്ധിയിൽ നിൽപ്പാൻ ചെന്നു സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നദ്ധിയിൽ നിൽപ്പാൻ യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നു തരം യഹോവ സാത്താനോട് എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നിദൃഷ്ടിവച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി സാത്താൻ യഹോവയോട് തൊക്കിനു പകരം മനുഷ്യൻ തനിക്കുള്ള തൊക്കെയും തന്റെ കൊടുത്തുകളയും നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്നു തൊടുക അവൻ നിന്നെ മുഖത്തുനോക്കി ത്യജിച്ചു പറയും എന്നു പരം പറഞ്ഞു യഹോവ സത്താനോട് ഇതാ അവൻ നിന്റെ കൈയിലിരിക്കുന്നു അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സത്താൻ യഹോവയുടെ സന്നിധിവിട്ട് പുറപ്പെട്ട് ഈയോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു ഓട്ടൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കള്ളക പറഞ്ഞു അവനവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്നു പറഞ്ഞു ഇതിൽ ഒന്നിലും ഈയോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല അനന്തരം തേമാന്യനായ എലിഫസ് ശൂഹ്യനായ ബിൽദാദ് നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഈയോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതിപ്പിപ്പാനും അവനെ ആശ്വസിപ്പാനും പോക്കേണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു